കന്നുകാലികളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പാഠമുണ്ട് അവയുടെ വയറ്റിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകുന്നു അവയിൽ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങളുമുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു